are there any ഭക്തി കെട്ടാവുന്നർത്ഥത്തിൽ ആന്ത്രം കൊടൽ തന്ത്രി ഇതെല്ലാം കൊണ്ട് ഗഹനം ഗഹനമുള്ള അത് ഗഹനത്തിന് മനവും നിർത്തണം ദുർഗമമായ നിർത്തണം ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ശരീരത്തെക്കുറിച്ച് പറയണം ദേവത്തിൽ ഒരുപാട് വൃത്തികെട്ട സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ദേഹം പല മൂത്രാദികളൊന്നും നിറഞ്ഞിരിക്കുകയാണ് മുക്കാര്യം സദാസമയം പലതരത്തിലുള്ള കാര്യങ്ങൾക്കും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന മുറിയും പഴുക്കും കരിയും പലതരത്തിൽ മാർക്കും പിന്നെ രോഗങ്ങൾ പലതരത്തിലും പരിതാപവാഹവും പരീതാപവും നിരന്തരമായ വക്കും ശരീരത്തെ സംബന്ധിച്ച് നിരന്തരമായ വക്കാണ് ഭവിക്കുന്നത് ുള്ളതാണ് അത്തരം ദുഃഖങ്ങൾ ഈ ശരീരത്തിലൂടെ ജീവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ശരീരങ്ങൾ ദുഃഖമുള്ളതാണ് ദുഃഖം മനസ്സിലാണ് നമ്മുടെ ശരീരത്തിലാണ് ദുഃഖം അർത്ഥത്തിൽ പറഞ്ഞു ശരീരം ലേഖുവായി അങ്ങനെയുള്ള ഡേല്ല സംസാര സുരതി സംസാരത്തിൽ ജനന മരണങ്ങൾക്കിടയിൽ ഞാൻ സംസാരിക്കും നമുക്ക് അനുഭവപ്പെടുന്നു സോമി അഭിന്ന് ചേവാന്ന സഹ ആ ശരീരം കേവലം ദുഃഖായ ദുഃഖത്തിനുവേണ്ടി മാത്രം ഇവിടെ എന്താണ് ആറുപത്തി ഇതെല്ലാം അവർ ശരീരത്തിന് ചീത്ത പറയും നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടേ ശരീരം ഇങ്ങനെയാണ് വൃത്തികെട്ടു ശരീരത്തിനെ കുറിച്ച് രണ്ട് ഇടയ്ക്ക് അത് ഒറ്റ പഠ്യങ്ങൾ ഒരു നല്ല വാക്കുകളും പറയുന്നു ഇത് പറയുന്ന ആൾ എഴുതുന്ന ആൾ എവിടെയുന്നുകൊണ്ട് അതിനൊക്കെ പറയുന്നത് ശരീരത്തിൽ അതുകൊണ്ട് വേറെ നന്ദി കിടക്കും നന്ദി കിടക്കില്ല എന്താ പറയുക ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഇതൊക്കെ ചിന്തിക്കുകയും പറയുകയും എഴുതുകയും ശരീരത്തെ കുറിച്ച് നല്ല ഒരു വാക്കും പറയുന്നത് എന്താ മാത്രം ജുഗുപ്സാണ് ഈ പ്രകൃതത്തിന്റെ പേരിൽ ജുഗുപ്സു പേരിലെന്തായാലും പഠിച്ചിട്ടുള്ളതാണ് വൃത്തി നിന്ദ അതാണ് വെറുപ്പ് എന്നുള്ള രീതിയിൽ നിന്ദാ ചെന്താതിയാണ് വെറുപ്പ് എന്നുള്ളത് ശരീരം വരക്കേണ്ട ഒന്നും ഇത് ശരിയാണം ഇങ്ങനെ ശരീരത്തെ വെറുതെ ആണം എന്തുകൊണ്ട് ഇവിടെ പറയുന്നത് ഓരോ വരികളും ശരീരം വൃത്തികളാണ് ഓട ഇങ്ങനെ പറയുക അത് മാത്രമല്ല ഈ വൈരാഗ്യപ്രകടനത്തിന്റെ അവസാനം രാമ എന്നൊക്കെ അവസാനം ദേവന്മാരെ നിന്ന് ഇത്രയും ശരീരത്തെ ചീത്ത ഒളിച്ചത് ഒരു പുഷ്പം കൂടുതലായിട്ട് ശരി ഇതിങ്ങനെ ഇരിക്കുന്നു ഇരിക്കട്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഇത് മനുഷ്യൻ സമൂഹം കുറച്ച് നോർമലായി ചിന്തിക്കുന്ന മനുഷ്യന് ആധ്യാത്മിക അവരുടെ പ്രധാനമായ ആവശ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യം കഴിഞ്ഞിട്ടില്ല ശരീരത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കേൾക്കാൻ പറ്റില്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ ഇതിൽ അതുകൊണ്ട് ഇത് ശരിയാക്കാൻ ഞാൻ എത്ര കാര്യം ശരിയാകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിയാക്കാം ഒരു കാര്യം പറയാം എന്താണ് ഒരു മനുഷ്യന്റെ ആധ്യാത്മികമായ ദൃഷ്ടിയിലാണ് എന്താണ് ഒരു മനുഷ്യനും ഇതിനോടും ആസക്തി പറയുക ശരീരത്തോടും ആസക്തി പാടില്ല എന്നാണെങ്കിൽ അത് ശരിയാ അത് ശരീരത്തിനോട് മാത്രമാണ് എന്തിനോടും അനാസക്തമായൊരു മനസ് മാനസികമായൊരവസ്ഥ മറിച്ച് ശരീരത്തെ നിന്ദിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മാലിന്യം മുതൽ വളരെ കുട്ടിക്കാരൻ മുതൽ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമുക്ക് ബോധമില്ലാത്ത സമയം എഴുന്നേറ്റ പറ്റാത്ത ആ സമയത്ത് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്താ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ആരോഗ്യപരിപാലനവും അതിനുവേണ്ടിയിട്ടാണ് അവർ വളരെയധികം പരിശ്രമിക്കുന്നത് പിന്നെ നമുക്ക് ബോധം വന്നതിന് ശേഷമാണ് നമ്മൾ സ്വയം പരിശ്രമിക്കുന്നത് ബുദ്ധി കുറയ്ക്കുന്നവരെ മറ്റുള്ളവർ എല്ലാം ശ്രമിക്കുന്നത് ഈ പ്രകൃതി തന്നെ അത്തരത്തിലാണ് സെറ്റിഫേറ്റ് ഇപ്പൊ ശരീരത്തെ സംബന്ധിച്ചൊരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ കർത്തവ്യം എന്ന് പറയുന്നത് ആരോഗ്യ പരിപാലനമാണ് അല്ലാതെ എന്താണ് ശരീരത്തെ നിന്ദിക്കുക എന്നുള്ള ആശയം അതു കുറിച്ച് കടന്നതാണ് അത് ശരിയാകാൻ ഞാൻ വിചാരിച്ചിട്ടൊരു വഴിയായിരുന്നു പിന്നെ നമ്മൾ ബോധപൂർവം ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യപരിപാലം പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ അനാസക്തമായിരിക്കുക അതിന് ആസക്തി ഇല്ലാതിരിക്കുക ആരോഗ്യം നമ്മൾ നമ്മളെ കൊണ്ടത് പരിപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ നമ്മൾ കുറച്ച് ശരീരത്തെ കാണുക ചിലപ്പോൾ നമ്മുടെ ശ്രമത്തിനപ്പുറമായിരിക്കും ശരീരത്തിന്റെ പോക്ക് അത് നമുക്ക് പിന്നെ വേറെ ഒന്നും ഇല്ല നമ്മൾ ക്ഷമിച്ചാലും ശരിയാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ആത്മീയതയുടെ ആവശ്യം എന്താണ് അതിനീകരിക്കുക കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിനോടൊപ്പം ജീവിക്കുക ഇതെന്താ പിന്നെ വേറെ വഴിയില്ല മറിച്ച് ഈ പറയുന്ന രീതിയിലുള്ള കായ ജികുപ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഒരുപാട് പേരെ അദ്ദേഹത്തിൽ കൊണ്ടിട്ട് അടിക്കേണ്ടിയിട്ടുള്ള കാര്യമാണ് ശരീരം വെറുക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക രംഗത്തേക്ക് വരുന്നത് ശരീരത്തെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്നതിനുപോലെ ശരീരത്തെ പൂർണ്ണമായും അവഗണിക്കും പിന്നെ ശരീരത്തെ പീഡിപ്പിക്കുകയും ചെയ്യും തപസ് അതായത് ഇതൊക്കെ സ്വയംകരം തപസ് ഇതൊക്കെ ചെയ്ത് കുറച്ച് കാലം ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്തേക്ക് യൗവന യുവത്വമുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തു വലിയ പരാക്രമങ്ങളൊക്കെ കാണിക്കും അവസാനം മരുന്ന് വയ്ക്കുകയാണെങ്കിൽ നടന്ന ആശുപത്രികളിൽ കൈ കിടക്കണം വയസ്സാവും പിന്നെ ആരോഗ്യ പരിപാലനത്തിന്റെ ആവശ്യം മരുന്ന് ഓപ്പറേഷൻ എന്തൊക്കെ പരിപാടികൾ എന്തായാലും ശരിയാവട്ടോ എന്നൊരു അറിയിരുന്ന ശ്രമിച്ചവന് മുത്ത സമയം തലയിൽ നിന്ന് അവിടെ ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് സമൂഹത്തിനോട് പറയാനൊയ്യാത്ത ഒരു കാര്യമാണ് ഈ കായിക എന്നാണ് എന്റെ വ്യക്തിപരമായൊരു കായിക പ്രസവം അങ്ങനെയല്ലേ ഇത് കേട്ടിട്ട് ആയുർവേദിന്റെ പുറകെ പോകരുതെന്നാണ് ഞാൻ പറയുന്നു കായം ശരീരം ഒരിക്കലും വെറുക്കാനുള്ളതാണ് അതെന്താണ് പരിപാലിക്കേണ്ടതാണ് കാരണം ഈ ശരീരം നമ്മൾ മാത്രമേ ഈ ശരീരം കൊണ്ട് നമുക്കെന്താണോ ശ്രേയസോ പ്രേയസോ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും ശരീരം ദുർബലമായി കഴിഞ്ഞാൽ ശരീരം രോഗപീഠയ്ക്കും മറ്റും വിധേയമായി കഴിഞ്ഞാൽ ആധ്യാത്മികമോ ഭൗതികമോ ആയ നമ്മുടെ പ്രവർത്തനങ്ങൾ വിഘാഗത്തേ ആർക്കും സംശയം പക്ഷേ ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണ് എന്തോ സാധിക്കേണ്ടത് എന്നുള്ളൊരു വിചാരം തെളിക്കാതെ കേരുവരാൻ ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് കാരണമാണ് ഇത്തരം പാഠങ്ങൾ മനുഷ്യനോട് കൊണ്ട് വഴിതെത്തിക്കുന്ന ഇങ്ങനെ എഴുതി വെച്ചാൽ യാതൊരു അർത്ഥവും ഞാൻ നടന്നിട്ടില്ല ഇത് നിരർത്ഥകമാണെന്നൊന്നും എനിക്ക് തോന്നും അല്ല ഇതൊക്കെ ശരിയാണെന്ന് തോന്നും ഇതെന്റെ ഇതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തെ പീഡിപ്പിക്കാം അടിക്കാം പിടിക്കാം തല്ലാം എന്തുകൊണ്ടോ ചെയ്യാം പിന്നെ ഇതിനകത്ത് മറ്റ് ഒന്നു എന്താണ് ചില മാനസികമായ ചില പ്രശ്നങ്ങളും ആത്മപീഡയും ആത്മരതി കാണുന്നുണ്ട് സ്വയം തന്നെ തന്നെ വേദനിപ്പിച്ച് അതിന് ആനന്ദിക്കുക അതൊരു മാനസികാവസ്ഥയെ ചില ആൾക്കാരൊക്കെ ചെയ്യാറും സ്വയം പീഡനങ്ങൾ ഏറ്റുവാ ോട്ട് ഏറ്റുവാങ്ങും സാധാരണ ഭാഷ പറഞ്ഞാൽ തല്ലുപൊടിയാണ് പോലും എന്നിട്ട് അങ്ങനെന്താണ് വീര് കേടില്ല കേമത്തം കാണിക്കഴയ ചട്ടമ്പിമാനങ്ങളുണ്ട് അവരുടെ മുഖത്തൊക്കെ വന്നിട്ടുണ്ട് അടയാളങ്ങൾ കത്തിക്കത്തിന്റെ പിന്നെ അതുകൊണ്ടാണ് അവര് ജീവിക്കുന്നത് ഇതൊക്കെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ടോ പണ്ട് ഇന്ന സം സംഘടനകൾ കിട്ടിയാകും ഇതുകൊണ്ട് ആൾക്കാർ കൃത്യകരിക്കും അതുപോലെ ആത്മപീഡത്തിന്റെ അടയാളങ്ങൾ ആത്മരതിയെ കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ചുരുക്കഞ്ചലം അവർക്ക് ഈ പറയുന്നതും ബാധിക്കില്ല ഞാൻ പറയുന്നത് നോർമലായ ആൾക്കാർക്ക് വീട്ടിലാണ് പിന്നെ അബദ്ധത്തിൽ അത് ചെയ്തു പോകുന്നവരുണ്ട് ഇതെന്ന് പറയാം ഇത് കേട്ടിട്ട് ശരീരം നിർക്കേണ്ടതാണ് കേട്ടിട്ട് ഇതിലൊക്കെ അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ കുറിച്ച് നമുക്ക് സഹതിപ്പിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തെ അവഗണിച്ചോ ശരീരത്തെ പീഡിപ്പിച്ചോ തീർച്ചയായും അതിന് മുതലും പലിശയും അടക്കം വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ യാത്ര യോഗ പഠിക്കുന്നതിന് ആരോഗ്യപരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ശരീരത്തെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് യോഗയ്ക്ക് പ്രചാരം ചെയ്തത് ഇത് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല ഇവിടെ ശരീരത്തിന്റെ നമ്മൾ വെറുക്കുകയും അതിനെ കുറിച്ച് മികച്ച നിഷേധാത്മകമായ ഒരു കാഴ്ചപ്പാട് വെച്ച് കൊടുക്കുക അത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ഭാഗ്യം ശരീരം തളർന്നോ മനസ്സിൽ തളർന്നോ ഒരു സംശയമില്ല അത് ഈ ഡയബറ്റിക്സ് ഉള്ളവർക്ക് നല്ലതോ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പറിയാം മനസ്സ് അപ്പറിയാല് നമ്മൾ കോമീറ്ററൊന്നും വേണ്ട ശരീരത്തിന്റെ ഓരോ നാടികളും അഴിഞ്ഞു അഴിഞ്ഞ് വരുന്നതായിട്ടുണ്ട് മൊത്തം തള്ളച്ച് ഒരേ ഒരു മരുന്നേ ഉള്ളൂ എന്താണോ ഏ എന്താണ് ഇൻസിഡിൻസ് ഒന്നും വേണ്ട കുറയുമ്പോൾ ഇതായിരുന്നു എപ്പോഴും കൈ കഴിഞ്ഞു ഇത് ഇരുപത്തിയാലും എപ്പോഴതിൻ്റെ ആവശ്യം വരുന്നറിയാം നമുക്കറിയാം മനസ്സിലും ശരീരം തളരും ഇതുപോലെ എന്തെങ്കിലും വേണം അപ്പോ ശരീരം തള്ളുമ്പോൾ മനസ്സ് തള്ളരും പിന്നെ ബുദ്ധി പറയും ചിന്തിക്കാൻ ചിന്ത പിന്നെ അടക്കത്തില്ല ശരീരത്തെ വെറുക്കുക എന്നൊക്കെ പറയുന്നത് പരമാബദ്ധമാണ് ഈ ദേവന്മാരെങ്ങനെ പുഷ്പവൃഷ്ടികളൊക്കെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും കാരണം അവർക്ക് ഈ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇതാകുന്നുണ്ടായിരിക്കും ദേവശരീരമാണ് ദേവശരീരത്തിൽ ഇതൊന്നും ബാധിക്കുന്നതാണ് മനുഷ്യ ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് ആധ്യാത്മികമായ രംഗത്ത് വരുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആരോഗ്യ പരിപാലനത്തിലാണ് അങ്ങനെ ആരോഗ്യമുള്ളൊരു ശരീരം കൊണ്ട് ആത്മീയമായി എന്തെങ്കിലും നേടാൻ പറ്റും അതുകൊണ്ട് ഈ ഇത്തരം വൈരാഗ്യത്തോട് യോജിക്കാൻ പറ്റും ഇത് ആധ്യാത്മികമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരേ ഒരു വഴിയാണ് എന്താണ് അനാസം അതിനോട് ആസക്തമല്ലാതിരിക്കുന്നു ശരീരത്തിൻ്റെ പരിപാടി ശ്രദ്ധിക്കുമ്പോഴും അത് മനസ്സത്തിന് ആസക്തമാണ് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്താണ് പലപ്പോഴും ശരീരം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല നമ്മൾ രക്ഷിക്കാൻ അതിനെ രക്ഷിക്കാൻ പറ്റില്ല അപ്പം നിരാശ വരാതിരിക്കണമെന്ന് അപ്പം മനസ്സിൽ വേധകൾ വരാതിരിക്കണമെങ്കിൽ മനസ്സ് അസ്വസ്ഥമാവാതിരിക്കണമെങ്കിൽ എന്തുവേണം മനസ്സ് കുറച്ച് അസംഘമായിരിക്കും നിസ്സംഗമായിരിക്കും അവശ്യം ഭാവിയായാലും ഭവിച്ചതെന്ന തീരും എന്നൊരു ഉറപ്പ് മനസ്സിൽ വേണം ചില കാര്യങ്ങളങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും കൂട്ടും യും ശരീരത്തിന്റെ അപ്പൊ അത് പ്രതിവിധി നോക്കുക അതിനപ്പുറം പോയാൽ ഇപ്പൊ വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതാണ് നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു നേരെ എയിംസി പോയിൽ ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്നറിയുന്ന ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ് പിന്നെ എന്താ അവിടെയാണ് മനസ്സിന്റെ നിസ്സംഗത പ്രയോജനപ്പെടുന്നത് ശരീരത്തെ നന്ദിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആ അതിന് കൈകാര്യം ജീവിക്കുക കഴിഞ്ഞ ദിവസം അതാവാ എത്ര കാലം എന്താണോ അതിന് സാധിക്കുക അത്രയും കാണും അത് കഴിയുമ്പോൾ മരിക്കുക അത്രയാണ് രണ്ടായാലും സന്തോഷത്തോടുകൂടി ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ വേണം അതൊരു വ്യത്യാസമാണ് രണ്ടു ഒന്നു തന്നെ ഒരു പോയിന്റ് രണ്ടു വശമാണ് ജീവിതവും മരണം രണ്ടിലും ഒരു ക്വാളിറ്റി വേണം ജീവിതത്തിന് വേണ്ടി മരണത്തിനുണ്ട് അപ്പൊ ശാരീരികമായ അവശതകളല്ല മാനസികമായ സ്ഥൈര്യമാണ് ക്വാളിറ്റി ഉണ്ടാക്കുക ആ മാനസികമായ യോഗ്യത എന്നുള്ളതാണ് നമ്മുടെ നിസ്സബ്ദമായ ഉണ്ടാകും രണ്ടിനും ഒരുപോലെ കാണാൻ എന്നാലും വിജയിച്ചു ആധ്യാത്മിക ജീവിതത്തിൽ വിജയിച്ചു ഭൗതിക ജീവിതത്തിൽ രണ്ടിനും ഒരുപോലെ കാണാൻ കഴിഞ്ഞാൽ വൈഷമ്യങ്ങളുണ്ടാവും പ്ലേസങ്ങളുണ്ടാവും പക്ഷെ എന്നാൽ മാനസികമായി അതിനെയൊക്കെ ശാന്തമായി നേരിടാനുള്ള അതാണ് ഇന്ന് നമുക്ക് സ്വയം വ്യക്തി ജീവിതത്തിൽ പകർത്താവുന്നതും സമൂഹത്തോട് പറയാവുന്നതും അല്ലാതെ കായലിസ് ആവുന്നതെന്ന് പറയുന്നത് വളരെ പ്രാകൃതമായൊരാശയമാണ് ഇത് ഈ മുടക്കേ ജില്ലയ്ക്ക് പോകുമ്പോൾ സാധാരണ എന്താണ് പലകളിൽ മുള്ളാണി നിരത്തിയിട്ട് അതിന്റെ മേളിക്കയറിക്കിടക്കുന്ന സ്വാമിമാരൊക്കെ അതിതാണ് ആത്മപീഠയുടെ ആത്മരതി അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ അത് മനഃശാസ്ത്രത്തിന് ചർച്ച ചെയ്യും അതൊരു നോർമലായ അവസ്ഥ നമ്മള് വിശേഷത്ത് ഹരിദ്വാറിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചെന്നതിന്റെ നല്ല യുവത്വത്തിനാണ് അപ്പൊ അവിടെയുള്ള പ്രായം ചെയ്യുന്ന സ്വാമിമാർ നമ്മൾ ഈ തണുപ്പ് കാലത്ത് ഉണക്കൊന്നും ഇല്ലാതെ പുറത്തു കയറ സാഹസിക ഇതെന്നും ഇതെന്നും നമുക്കൊരു മറ്റുള്ളവരെ കാണിക്കണമെന്നുണ്ടെൻ്റെ കൊണ്ടിന്നില്ല അപ്പൊ അവര് പാടില്ല ശരീരവും നല്ലവണ്ണം മൂടിപ്പൊതങ്ങൾ നല്ല അനുഭവത്തിൽ പറയുന്നുണ്ട് ഈ തണുപ്പ് ഒരിക്കൽ ദേഹത്തടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ില കൊടുക്കും അതവര് പറഞ്ഞു തരും നമ്മൾ ചിലപ്പോൾ കേൾക്കും ചിലപ്പോ കേക്കത്തി തന്തയും കള്ളയും പറഞ്ഞിട്ട് കേട്ടില്ല എന്തിനാണോ ഈ സ്വാമിമാര് പറഞ്ഞ കേൾക്കുന്നു അപ്പോ അതനുഭവിക്കും അത് അനുഭവിക്കേണ്ടി ശരീരം എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലാതെ അതിനെ ശിക്ഷിക്കാൻ പാടേണ്ടത് പിന്നെ ഈ വേറൊക്കെ വരുന്ന ചില ആൾക്കാരുടെ ജീവിത ചരിത്രങ്ങളിലൊക്കെ വളരെ അതിശയൂക്തിപരമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അതൊക്കെ വായിച്ചിട്ട് അനുകരണം ഭ്രാന്തി നമുക്ക് അതുപോലെയൊക്കെ കാണിക്കും അനുകരണം ഒരിക്കലും നമ്മൾ നോക്കുക നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് അവിടെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് വേണ്ടത് അത് അനുചരണമൊക്കെ വേണ്ടത് അതിലേക്ക് വലിയ പാടുകൾ തന്നെയാണ് ഒരുപാട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് തിരഞ്ഞെടുക്കുക ഒരിക്കലും അനുകരിക്കും മറ്റുള്ളവര് ചെയ്യുന്നു തെരഞ്ഞെടുപ്പാകുന്ന അവിടെ നമ്മുടെ വിവേകം പ്രവർത്തിക്കും അനുകരണമാവുന്ന അവിടെ അന്ധതയാണ് മറ്റുള്ളവര് ചെയ്യുന്നതുപോലെ പരിചയം ചെയ്യും ആവശ്യമില്ലാത്തതും നമുക്ക് തോന്നുന്നു അതുകൊണ്ട് എന്താണ് ഈ കായജീവിസെ നമുക്ക് പാടേ ഉപേക്ഷിക്കാം അനാസക്തിയും വെറുപ്പുമാണ് അനാസക്തന് വെറുപ്പില്ല മമതയും വിദ്വേഷവും അതാണ് ഞാൻ ഗീത പഠിച്ചിട്ട് സമ ശത്രുവിത്രേ ശത്രുവിനെയും വെറുക്കുന്നില്ല പിന്നെയാണോ കായത്തെ വെറുക്കുന്നത് ഇത് ശത്രുവാണ് സമം സർവത്ര സമബുദ്ധ ഗിതിന് എത്രയോ തോന്നുന്നത് ചർച്ച ചെയ്യുന്നത് അവിടെ വെറുപ്പെന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് പിന്നെ ശാസ്ത്രത്തിന് വേറൊന്നും വരുന്ന നിഷേധം അത് വെറുപ്പല്ല നിഷേധവും ജുഗുപ്സേന രണ്ടാണോ നിഷേധം ആവശ്യമായിട്ട് അതിന് വെറുപ്പാണ് തെറ്റിദ്ധരിക്കരുത് എന്താണ് നിഷേധവും വെറുപ്പെന്നുള്ള വ്യത്യാസം നിഷേധങ്ങളോട് സ്വീകരിക്കേണ്ട ഒരു ജീവിതത്തിലുള്ള നീളണം ഹിംസിക്കരുത് നിഷേധമാണ് കണ്ണ് കുടിക്കരുത് നിഷേധമാണ് അന്ന് വെറുപ്പല്ല അവിടെ പറയുന്നു ശരീരത്തെ നിഷേധിക്കാൻ പറ്റും പറ്റത്തില്ല നമുക്ക് കണ്ണ് കുടിക്കാതെ ജീവിക്കാം ദോഷം അതിന്റെ ആവശ്യമില്ല അത് അത്യന്താപേക്ഷിതമായൊരു കാര്യമല്ല ഹിംസിക്കാതെയും നമുക്ക് ഒരു പരിഹാരം ലഭിക്കാം അതൊക്കെ നിഷേധമാണ് വെറുപ്പല്ല എവിടെ പറയുമ്പോൾ വെറുപ്പാണ് രഹും തന്നെ തന്നെ ചിന്തിക്കാതെ താഴെ ഈ ശരീരം ചേർന്നാണ് താൻ ഇതൊരു പഴഞ്ചനാശയുണ്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് നിങ്ങള് പറയും പക്ഷെ സനാതനധർമ്മയെല്ലാം ശ്രീകരിക്കുന്ന ആളല്ല ഇവിടെ വിവേകത്തിൽ വിവേകം ഉപയോഗിക്കണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ എന്നെ ബഹിഷ്കരിച്ചോണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ചില പുസ്തകങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടിവെച്ചിട്ടുണ്ട് സമ്പ്രദായം അങ്ങനെ സി എൻ്റെ എണ്ണൊന്നും അഭിപ്രായം വെച്ചിട്ടില്ല വളരെ തുടങ്ങിയ പറയുന്ന എന്റെ കാഴ്ചപ്പാടാണ് പലർക്കും പല കാഴ്ചപ്പാടുകളാണ് ഇപ്പൊ ആയുർവേദം പറയുന്ന എന്തിനു വേണ്ടി ഉണ്ട് ശരീരത്തിന്റെ പരിപാലനത്തിന് വേണ്ടിട്ടാണ് ശരീരത്തെ നിന്ദിക്കാൻ വേണ്ടിട്ടാണ് ശാസ്ത്രം തന്നെ ഉണ്ട് പഴയ കാലത്ത് അത് പഴയ ഋഷിമാർ തന്നെ ഉണ്ടായി അതിലെന്താ പറയുന്നത് ചരിയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് പൂർണ്ണമായും ശരീരത്തെ പരിപാലിക്കാമെന്നുള്ള ശരീരമാധികം ധർമ്മസാധനം ആരാ കേട്ടിട്ടില്ലാത്ത അവിടെ എല്ലാം പറയും ശരീരത്തെ സംരക്ഷിക്കാനാ പറയുന്നത് ധർമ്മസാധനമായിട്ടാണ് പറയുന്നത് ധർമ്മ അർത്ഥ പാപം മോഷണം എല്ലാത്തിനും ശരീരം സാധനമായിട്ടാണ് പറയുന്നത് ആധ്യാത്മികമായി പറയാൻ നമുക്ക് ഒരേ ഒരു കാര്യമായി പറയുന്നു ഒരാസക്തി പാടില്ല അത് ശരീരത്തിന് മാത്രമാണ് ഒന്നിനോട് പാടില്ല അതുകൊണ്ട് ഈ ഒരു പ്രകടനം ഉപേക്ഷിക്കേണ്ട ഒരു പ്രകരണമാണ് അതുകൊണ്ട് ഞാനതിന് വിടരുത് ഒരു ഇതിനുള്ള അതൊരു ബാലി ബുക്സ് പത്തൊമ്പതാം സർ ഈ പഴയ ആൾക്കാർ പഴയ പ്രശ്നം പഴയതിനോടുള്ള പ്രതിബദ്ധത അത് പഴയതായതുകൊണ്ട് അതിനോട് പ്രതിബദ്ധതയെന്ന് പറയുന്നത് ഉമ്മയോ ഉള്ളതാണെങ്കിൽ മതി പുരാണ സാധു സർവം പഴയതാണ് അതുകൊണ്ട് നല്ലതാണ് സനാതന ധർമ്മമാണ് എന്നും പറഞ്ഞൊന്നെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലടക്കം പറയും അങ്ങനെ രാഷ്ട്രീയം അങ്ങനത്തെ അതൊക്കെ പറയും വിവേകത്തിൽ അതിനൊന്നും മാത്രം എടുക്കുക ബാക്കിയെല്ലാം ദൂരക്കളക്കിലാണ് ലബ്ധാമി തരളാകാലേതരംഗേ സംസാരസാഗരേ ജന്മം ബാല്യം ദുഃഖാഴിക്കേ ജന്മലബ്ധ്വാമി ജന്മം കിട്ടിയിട്ട് ഇവിടെ തരളാകാരി തരളം ചഞ്ചലമായിരിക്കുന്ന ചഞ്ചല രൂപത്തിലുള്ള സംസാരം ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കണം ജനനം അവർ മരണം വരെയുള്ള കാര്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവര് ജനനം കഴിഞ്ഞാൽ മരണം ഏത് സമയം സംഭവിക്കാം അതുകൊണ്ടാണ് ചഞ്ചലമൊക്കെ പിന്നെ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല തരളിൽ കാര്യഭാരം തരംഗിണി കാര്യഭാരം ആകുന്ന തരംഗങ്ങൾ കൊണ്ട് തരംഗങ്ങളോടുകൂടി സാന്നി വലിയ വലിയ ഉത്തരവാദിക്കുന്നത് ജീവിതത്തിൽ മനുഷ്യർ ഉള്ളതാണ് ഈ ജീവിതം അതൊരു ഭാരമാണ് കർത്തവ്യ ഭാരം എന്നുള്ള സാധനം പറയും അത് ഈ സംസാര സാഗരത്തിൻ്റെ തരംഗങ്ങളായിട്ട് ഉപഭോഗിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സംസാര സാഗരങ്ങൾ ജമൽ ലദ്ധ്വാ എന്നും അത് ഈ ബാല്യം എന്ന് പറയുന്നത് കേവലം ദുഃഖത്തിന് വേണ്ടി മാത്രമാണ് ബാല്യം ദുഃഖത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് ശരിയാണ് ആണെങ്കിൽ എന്തുകൊണ്ട് ആണോ െ ഇവിടെ എന്നോട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷം എന്താണ് മോക്ഷം മോക്ഷം എന്നുള്ള ഞാൻ എന്താണ് ജന്മ സംസാര നിവൃത്തി എന്ന് സംസാരം എന്ന് ജനന മരണങ്ങളിൽ മോചനം അപ്പൊ സംസാരം ആരംഭിക്കുന്നത് ജന്മത്തിൽ നിന്നാണ് ജന്മത്തിൽ നിന്നാണ് സംസാരം ആരംഭിക്കുന്നത് അപ്പൊ സംസാര നിവൃത്തി അതാണ് ഇവിടുത്തെ ലക്ഷ്യം അതുകൊണ്ട് സംസാരത്തെ നിന്ദിക്കുന്നതിന്റെ ഭാഗമായി അതാണ് ഗ്രന്ഥകർത്താവ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം അതാണ് കായ ചികിത്സ എന്ന് പറയുന്നിടത്ത് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ സംസാരം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ലഭിക്കുന്ന സംസാരത്തെ നിന്ദിക്കുന്നതിന്റെ ഭാഗമായി എന്റെ ശരീരത്തെ നിന്ദിക്കുന്നു സംസാരത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ശരിയാണ് പ്രായത്തെ നിന്ദിക്കുക എന്ന് പറയുന്നു അതൊരു അതിരുകടന്ന പ്രയോഗമായി ഇതേ ദോഷം തന്നെ ഇവിടെ ബാല്യ നിന്ദയിലൂടെ ജനനം മുതൽ മരണം വരെയുള്ള ഈ സംസാരത്തെ നിഷേധിക്കുക എന്ന് ആത്മീയമായി ശരിയാണ് അപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാന ജന്മമായിരിക്കും ഇനി ജനിക്കാൻ പാടില്ല ഇനി ജനനം വേണ്ട ബാല്യം വേണ്ട യൗവനം വേണ്ട വർദ്ധകൃം വേണ്ട മരണവും വേണ്ട അപ്പൊ ആ ഒരു നിലപാട് അതിനാണ് മൊത്തത്തിൽ വൈരാഗ്യം എന്ന് പറയുന്നത് അപ്പൊ വൈരാഗ്യം വേണ്ടതിനെ സംസാരത്തോട് വൈരാഗ്യം ഇനി ഈ ജന്മം ജീവിതം മരണം ഇത് വേണ്ട എന്നുള്ള കാഴ്ചപ്പാട് വൈരാഗ്യം അത് വേണ്ടതാണ് പക്ഷെ നിന്ദ എന്ന് പറയുമ്പോൾ അത് മാറിക്കും വൈരാഗ്യം വേറെയാണ് നിന്ദ വേറെ അത് നിന്ദിക്കുക ജുഗുപ്സ വെറുപ്പ് ജുഗുസയുടെ വെറുതെ അത് ബാല്യത്തെ കുറിച്ചുള്ള വെറുപ്പ് അത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല ഒരാൾക്ക് ബാല്യത്തെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല േണമെങ്കിൽ ആഗ്രഹിക്കാം ഒരാളെ എനിക്ക് ജന്മം വേണ്ട ഗർഭവാസം ജനനം മരണം ഇതൊന്നും വേണ്ട ആ വേണ്ട എന്നുള്ള മനോഭാവം ആ കാഴ്ചപ്പാട് അതാണ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സ്വന്തം തോളം വൈരാഗ്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് വൈരാഗ്യത്തിനല്ല ഇവിടെ പറയുന്നത് വെറുപ്പിനെ കുറിച്ച് പറയുന്നത് ബാല്യത്തെ ഒരാൾക്ക് വെറുപ്പം പറ്റില്ല എന്തുകൊണ്ട് പറ്റത്തില്ല കാരണം ഒരാള് ജനിച്ചു കഴിഞ്ഞു ബാല്യം കടന്നു വന്നു അപ്പോ ബാല്യം കടന്നു വന്ന് ഒരാള് ചിന്തിക്കുന്ന സമയമാണ് ചിന്താശേലി കൈവരിക്കുമ്പോഴേ അയാൾക്ക് മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും സംസാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും സംസാരം വേണ്ടെന്ന് ആഗ്രഹിക്കാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഇനി എനിക്ക് ജന്മം വേണ്ട ബാല്യം ജന്മം വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട അതാഗ്രഹിക്കണം വേണ്ട എന്ന് പറയുന്ന നിഷയെന്നുമാണ് പക്ഷേ ഈ ബാല്യം എന്ന് പറയുന്ന അവസ്ഥ അത് നമുക്ക് നമ്മുടെ ബ്രെയിനിന് ശരിക്കും ഡെവലപ്മെന്റ് വരാത്തൊരു കാലമാണ് അവിടെ മനുഷ്യൻ സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ ബുദ്ധി വികാസം പ്രാപിച്ചതിനു ശേഷം സുഖത്തെയും ദുഃഖത്തെയും തിരിച്ചറിയുന്നത് അതുപോലെ അവൻ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ബാല്യത്തിലെ സുഖ ദുഃഖങ്ങളുടെ സ്മരണ ഉണ്ടാവാറ് ഇപ്പൊ നമ്മൾ സുഖത്തെ ദുഃഖത്തെയൊക്കെ പെറുക്കുന്ന സുഖത്തെ ദുഃഖത്തെ വെറുക്കുന്നതെന്നുള്ളൂ കാരണം ദുഃഖത്തെ അനുഭവിക്കുമ്പോഴും പിന്നീട് ദുഃഖത്തെ സ്മരിക്കുമ്പോഴും നമുക്കത് അതിന് നമ്മൾ വെറുക്കുന്നു വേണ്ട ദുഃഖം എനിക്ക് ആവശ്യമില്ലാത്തത് കാരണം അത് അനുഭവത്തിലും സ്മരണയിലും ഉണ്ടാവും ഇപ്പോൾ ബാല്യത്തിന്റെ സ്ഥിതി അങ്ങനെയാണ് ബാല്യത്തിൽ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു സെമി റോബോട്ടിക് ആണ് എന്നുവെച്ചാൽ ആ ഒരു ബോധത്തെ നമുക്ക് സ്മരിക്കാനേ പറ്റുന്നില്ല യാന്ത്രികമായി നടക്കുന്നൊരു പ്രവൃത്തിയാണ് ദുഃഖവും സുഖവും ഉണ്ട് ഗർഭത്തിലിരിക്കുമ്പോൾ പോലും ഉണ്ട് പക്ഷെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് അതൊന്നും തന്നെ നമുക്ക് സ്മരിക്കാൻ കഴിയും നമ്മുടെ ബുദ്ധിക്ക് വികാസമ അപ്പോ പറയാണ് ബാല്യം ഇവിടെ ആവർത്തിച്ചുപോലെ ദുഃഖായ ബാല്യം ദുഃഖത്തിന് വേണ്ടിയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബാല്യ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ സ്കൃതിയിലേക്കും ബാല്യ ദുഃഖം നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല സുഖവും തിരിച്ചറിയാൻ പറ്റില്ല അതൊരിക്കലും പറ്റില്ല മറ്റ് ഉള്ളവരുടെ ബാല്യത്തെ നോക്കിയിട്ട് അവരെ സുഖിക്കുന്നു ദുഃഖിക്കുന്നു കണ്ടിട്ട് കേവലം ദുഃഖം മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ നമ്മൾ കാണുന്ന എന്താണ് ഒരു കുഞ്ഞ് അത് ഉറങ്ങുമ്പോ പോലും ചിരിക്കുന്നുണ്ട് ഇവിടെ ഈ പൂർവപക്ഷം വരുന്നുണ്ട് ഈ പ്രകടനത്തിൽ തന്നെ ഈ പൂർവപക്ഷം വരുന്നുണ്ട് ആ പൂർവ്വപക്ഷ ഞാൻ പറയുന്നത് ഞാൻ വരുന്നു ബാല്യത്തിന്റെ സുഖം ദുഃഖം ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ വിവേകപൂർവ്വം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല കാരണം അതിന് സൂഹൃതി രൂപത്തിൽ നമ്മളില്ല അതുകൊണ്ട് അതിനെ നിന്ദിക്കാന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് നമുക്കറിയാമോ അസുഖമാണോ ദുഃഖമാണോ അത് തന്നെയാണ് ഭാര്യം എന്ന് പറഞ്ഞാൽ ഇനി യുവത്വം വരും നമുക്കൊന്നും അറിയത്തില്ല ശൈശവുമൊ എനിക്കെന്നട തുടങ്ങുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന നമുക്ക് ശരിയായ വിവേകം വരുന്നത് വിവേകം വരുമ്പോഴാണ് ഈ ചിന്ത വരുന്നത് അതിനു മുമ്പുള്ള അസുഖം ഇപ്പൊ ഈ ചിന്തിക്കുന്നത് വിവേകമാണ് കരകളും വിവേകമല്ല ബാല്യത്തെ വെറുക്കാൻ പറ്റത്തില്ല ഇത്തരം പുറകുള്ള കൂടെയും വരുന്നുണ്ട് പക്ഷെ അത് പഴയ രീതിയിലാണ് കാരണം ബാല്യത്തിൽ ചെയ്യുന്ന പാപങ്ങളൊന്നും പാതകങ്ങളല്ല അതിന് പ്രായശി തന്നെ ചെയ്യേണ്ട അതിനുള്ള ധർമ്മശാസ്ത്രങ്ങളിൽ പഴയ ധർമ്മശാസ്ത്രങ്ങൾ തന്നെ വിജയം അതൊരു കാലയൾ പറഞ്ഞു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെ നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും ആ കുറ്റത്തിന് ധാർമ്മികമായ ശിക്ഷാ പാപപുണ്യങ്ങളുണ്ടായി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരത്തില്ല ഇങ്ങനെയൊക്കെ ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നു ഇപ്പം ബാല്യം മൊത്തത്തിലെന്താണെന്ന് അത് അജ്ഞേയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതെല്ലാം ചിന്തിക്കാം പക്ഷെ അത് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചേ പറയാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വാർദ്ധക്യത്തെക്കുറിച്ചെ പറയാം ഇവിടെ സുഖവും ദുഃഖമുണ്ട് അവനവൾ സ്മരിക്കുന്നുണ്ട് ഇത് ശരിയല്ല എന്ന് പറയാം ബാല്യത്ത് ഒരിക്കലും ഇതിന്റെ പറ്റില്ല അതുകൊണ്ട് ബാല്യത്തെ നന്ദിക്കുക എന്ന് പറയുന്ന അർത്ഥശൂന്യമാണ് അതിന് യാതൊരു കിടമ്പ പറഞ്ഞാൽ അത് ശരിയാണ് അത് ജന്മ ജനി ജന്മ വേണ്ട ഇനി ഇവിടെ മുമ്പോട്ട് ജനുമ്പം ബാസ്വത്തിൽ പറയുന്നത് ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല പിന്നെ അവരെന്താന്ന് ശരിക്കും ജനന മരണനയെ സംഭവിക്കുന്നില്ല എന്നാണ് എന്റെ മുഖ്യമായ സിദ്ധാന്തം അതാണ് ബോധം രാമനോട് ഉപദേശിക്കുന്ന വിശ്രാന്തി എന്ന് പറയുന്നത് അതാണ് ഇവിടെ വിശ്രാന്തി എന്ന് പറയും കഥാബോധമാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ബാല്യത്തെ വെറുക്കുക എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല അത് ബാല്യത്തെക്കുറിച്ചുള്ള നമ്മളൊരു തെറ്റായ ധാരണയിൽ നിന്നുകൊണ്ടാണെന്ന് വെച്ചാൽ ബാല്യത്തിൽ മനുഷ്യനൊരുപാട് നമ്മളെല്ലാം ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ബാല്യത്തിന് നമ്മൾ കഷ്ടപ്പാട് അനുഭവിച്ചെന്ന് പറയുകയാണെങ്കിൽ ബാല്യത്തിന് നമ്മൾ സുഖം അനുഭവിച്ചു എന്താ വെച്ചാൽ ബോധപൂർവര് കഷ്ടപ്പാടും ആരും അനുഭവിച്ചില്ല ബോധപൂർവര് സുഖം അനുഭവിച്ചില്ല യാന്ത്രികമായ എന്തൊക്കെയാ സംഭവിച്ചു അതൊന്നും നമുക്കൊന്ന് സ്മരിക്കാനും പറ്റില്ല നമ്മളൊരാളെ ശിക്ഷിക്കുന്നത് എപ്പോഴാണ് അയാൾ പൂർണ്ണം ബോധവാനായിരിക്കുമ്പോൾ ഒരു തെറ്റിയോദന അത് ഒരാളുടെ സമനില കിട്ടിയ ഒരാൾക്ക് അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരാൾക്ക് അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല ഓട്ടി സംബാധിച്ചു ബോധമില്ല അയാൾ ഒരാൾ തന്നാലും അയാളെ ശിക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ധാർമ്മികമായി അയാൾ ശിക്ഷ അറിയിക്കുന്നില്ല കാരണം അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അപ്പൊ ബാല്യ എങ്ങനെയാണ് കേവലം ദുഃഖമെന്ന് ഇങ്ങനെ പറയാം എന്നാൽ ഇനി നമ്മള് ശരിക്കും യഥാർത്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ജനിച്ച സാഹചര്യം മോശമുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഭാഗ്യത്തിലാണ് ഉത്തരവാദിത്വങ്ങളില്ല മറ്റ് ജീവിതഭാരങ്ങളെല്ലാം ഫ്രീ ആയി സന്തോഷിച്ചിട്ടുള്ള അങ്ങനെയായിരിക്കും പക്ഷെ ചിലർക്ക് ജീവിത സാഹചര്യങ്ങൾ മോശം മോശമാണെങ്കിൽ ദുഃഖിച്ചുറ്റുണ്ടാവും പൊതുവേ പറയൂ അപ്പം ഏത് രീതി നോക്കിയാലും ശരി ദുഃഖായ കേവലം എന്ന് കായിക വിസ പോലെ ഒരു സിദ്ധാന്തമാണ് ഇത് നമുക്ക് ഇന്ന് സമൂഹത്തോട് പറയാൻ പറ്റും ഞാൻ അത് വന്നു വിടുകയാണ് രണ്ടാമത് ഞാൻ പറയുകയാണ് എന്റെ അഭിപ്രായം കാണും ഞാൻ അല്ല ഇനി ഭാര്യ വെറുക്കേണ്ടതാണെങ്കിൽ ഇത് മൊത്തം ഇരുന്ന് വായിക്കുക എന്റെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയെല്ലാം കിട്ടും എന്നിട്ട് സന്തോഷിക്കുക ബാല്യത്തെ വീർത്ത് സന്തോഷിക്കുക എനിക്കത് പറ്റത്തില്ല പിന്നെ ബാല്യത്തെ സംബന്ധിച്ച് നമ്മൾ നിസ്സന്തമായിരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബാല്യത്തിൽ ആരും ആരും എന്ത് ഉപദേശിച്ച് ഒന്നുമില്ല അവിടെ വിവേകമേയില്ല ബാല്യത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്താണ് അത് നിന്ദിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ബാല്യത്തിന്റെ ക്വാളിറ്റി എന്താണ് എന്താണ് ബാല്യത്തിലാകുന്ന നിസ്സംഗതകൾ എന്താണെന്നുള്ള അറിയത്തില്ല നിഷ്കളങ്കത എന്ന് വെച്ച ചെറിയ കള്ളങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് വളർന്നതെല്ലാ ഇത്ര നിഷ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല ബാല്യത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് മനസ്സിൽ നമ്മുടെ അന്ധക്കരണത്തിൽ കാമം എന്ന് പറയുന്ന വികാരം യൗവനത്തിൻ്റെ ഇതുപോലെ പ്രരൂഢമാകുന്നു വളരെ കാരണം എന്താണ് ലജ്ജാവിഹീനനായി നമ്മൾ നടന്നിട്ടുണ്ട് ആണും പെണ്ണുമല്ല എന്തുകൊണ്ട് ലജ്ജയില്ല ലജ്ജ തോന്നിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല കാമം മനസ്സിലില്ല അതും ഏറ്റവും വലിയൊരു എന്താണ് അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് ആ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പുണ്യ ജീവിതമായി അവര് പുണ്യ ജീവിതമാണ് പിന്നെ ദുഃഖായ കൈവരം ഇങ്ങനെ പറയാം മനുഷ്യനെപ്പോഴും വലയ്ക്കുന്ന ഒന്നാണ് കാമെന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് അതില്ലാതെ കുറേ കാലം ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കൂടുതൽ ഭാഗ്യം എന്താണ് നിർലജ്ഞനായി ജീവിക്കാൻ കഴിയാന്ന് പറയുന്നു ഇതൊക്കെ ഇരിക്കെ എങ്ങനെയാണ് അങ്ങനെ പാടെ വെറുതെ അല്ലേ ഏ ോളിവുഡിന് ഒരുപാട് പേര് നഗ്നരായി നടക്കുന്നു അതുപോലെയുള്ള കാശിന് വേണ്ടിയിട്ട് പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കിടന്ന ലോകപൂജയും ബഹുമാനവും പൈസ അതിനുവേണ്ടി നടക്കുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവരും നടക്കുന്നു അതിന്ന് കടന്ന് അവരെ പിടിച്ചുകെട്ടി ഇടേണ്ട സ്ഥലത്തുകൊണ്ടിടും ങ്ങനെയിരിക്കുന്നതിന്റെ കാര്യമില്ല ഞാൻ ഉത്തരകാശി ചെന്ന സമയം എൺപതുകളിലാണ് അന്ന് ഗംഗോത്രയിലെ ഒരു ഗുഹയില് ഒരു ചെറുപ്പക്കാരൻ സന്യാസി നഗ്നായിട്ട് കാണാൻ ഒരുപാട് പേര് പോവുമായിരുന്നു ഒരു മദാമയും പോയി അവസാനം മദാമിയും കൊണ്ട് അയാൾ ഇംഗ്ലണ്ടിൽ പോയി അവിടെ റെസ്റ്റോറൻറ് നടന്നു ഇപ്പം കാര്യം ഭക്ഷണം നടത്തിയ കാര്യം വരെ എനിക്കല്ലേ ബാക്കി എനിക്കല്ല അതിനു അതിനകത്ത് ഒന്നുമില്ല ഇത്ര മാനസിക വിഭ്രാന്തികൾ ഇന്ത്യ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ സംശയമുണ്ടോ സ്ഥലങ്ങളെ കുറിച്ച് കൂടുതൽ എനിക്കെന്ന് അറിയില്ല അപ്പൊ ബാല്യത്തെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നമ്മൾ എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കമായ ഒരു അവസ്ഥയെന്ന് പറയാം അതിനെ നിന്ദിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും നിഷ്കളുണ്ടോ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് കാമരഹിതമായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് ആർത്ഥം പിന്നെ അത് ഒരു കൂടതയാണ് അതുകൊണ്ട് വിവേകമില്ല അവിടെ അതുകൊണ്ട് പൂർണ്ണമായും നിഷ്കളങ്ക പറയാൻ പറ്റാത്തതാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന പ്രസംഗിക്കുന്ന വിവേകമൊന്നും അവിടെ ളെ വേണമെങ്കിൽ മാറ്റാം ട്രെയിനിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ബാല്യത്തിൽ തന്നെ തീവ്രവാദികളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ അതൊക്കെ അത് മറ്റൊരു വിഷയം അടുത്ത് വരുന്ന യൗവനകർത്ത ഇത് ശരീരത്തിന്റെ അവസ്ഥാവിശേഷങ്ങളാണ് ബാല്യ യൗവനം അത് കഴിഞ്ഞ് വരുന്നത് എന്താണോ അത് ഓ ഏറ്റവും അപകടം വിളിച്ചു സ്ത്രീ ഗുസ സ്ത്രീ വെറുക്ക യൗവന ഈ ഗർഹകളെല്ലാം കാലഹൃതപ്പെടുത്തി എന്താണ് ഇനി പറയാൻ പറ്റില്ല ഗർഹെന്ന് വെച്ചാൽ ഗർഭ യൗവനത്തെ എന്തിനാണോ യൗവനത്തിൽ മനുഷ്യൻ വിവേകശൂന്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ വിളഞ്ഞു കൊടുക്കാം യൗവനത്തെ അത് യൗവനം എന്ന് വിളിച്ചു അത് പ്രകൃതിയുടെ പരിണാമം കൊണ്ടുവരുന്ന ഒരവസ്ഥാ വിശേഷമാണ് അതിന് വൃത്തിയെന്ന കാര്യമില്ല ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അത് യൗവനത്തിന് ആണ് കൂടുതലും സാധിക്കും അതിന്റെ സാധ്യതകൾ കിടക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളും നല്ല സാധ്യതകളും ഇരിക്കുന്ന യൗവനത്തിലാണ് അപ്പൊ ഗ്രാൻ എന്തിനാണ് വിറക്കുന്നത് ശരേയസായാലും ത്രേയസായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് യൗവനമാണ് ഏറ്റവും നല്ലത് അതിന് വരുന്ന ദുഷ്പ്രവൃത്തികളെ വിറക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി അത് മനസ്സിലാക്കാം അതുകൊണ്ട് യൗവനത്തെ എന്തിനാണ് വിറക്കുന്നത് അപ്പൊ ഇതൊക്കെ അപപാഠങ്ങളാണ് തെറ്റായ പാഠങ്ങളാണ് പഴയകാലത്ത് ഓരോ ചിന്തകൾ Of ും നമുക്ക് സമൂഹത്തിനോട് നമ്മുടെ ജീവിതത്തിനും പറ്റത്തില്ല സമൂഹത്തിനോടും പറ്റത്തില്ല ഒരാള് അയാളുടെ യൗവനത്തിൽ എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അധാർമ്മികമായി പ്രവൃത്തി ചെയ്ത പിൽക്കാലത്ത് അയാൾ ആ പ്രവൃത്തി വെറുക്കും അത് പാടില്ലായിരുന്നു ഏത് മനുഷ്യനും സഹാനുഗതി ചിന്തിക്കുന്നതാണ് അത് യൗവനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ പ്രശ്നമെന്താണ് കാരണം അങ്ങനെ അറിയില്ല അയാളുടെ ആ യൗവനത്തിൽ തന്നെ എന്തെല്ലാം നല്ല പ്രവൃത്തി ചെയ്യും അപ്പോ യൗനത്തെങ്ങനെ നിഷേധിക്കും വെറുക്കുന്നെങ്കിൽ അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് തന്നെ തെറ്റാണ് ചൊവ്വനെ തീർക്കുക ഇവിടെ വാർദ്ധക്യ ഗീർഭിയും ആ ജീവിതത്തിലുള്ള എല്ലാത്തിലെയും വിറക്കുക അതാണ് വൈരാഗ്യം എന്നാണ് കൂടെ പറയുന്നത് അതെന്തു കാഴ്ചപ്പാടാണ് സ്ത്രീയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഒരാ സ്വന്തം അമ്മയെ വെറുക്കാൻ പറ്റും സ്ത്രീ വെറുക്കാൻ പറ്റി അടുത്തു പറയുന്നതാണ് അതായത് അങ്ങനെയാണ് പുരുഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് സ്ത്രീയെ വെറുതെ കാരണം പുരുഷൻ പറയുന്നത് സ്ത്രീ എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും വെറുതെ പുരുഷ ഇറക്കുന്നല്ലേ സ്ത്രീക്ക് പറയാനോ പുരുഷ ഗർഭം അങ്ങനെ ഒരു അധ്യായം എന്തുകൊണ്ടില്ല അങ്ങനെ പാഠം എന്തുകൊണ്ടില്ല പുരുഷ മേധാദിത്വം പഠി അതുകൊണ്ട് എഴുതുന്ന പുരുഷപക്ഷപാതിത്വത്തെ എഴുതുന്ന അതുപോലെ മറ്റൊരാള് സ്ത്രീ പുരുഷന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രശ്നമെന്ന് പുരുഷൻ പറയുന്നെങ്കിൽ അത് പുരുഷന്റെ പ്രശ്നമാണ് സ്ത്രീയുടെ പ്രശ്നമാണ് ആ തിരിച്ചറിവാണ് പുരുഷന് വേണ്ടത് സ്ത്രീക്ക് പുരുഷൻ പ്രശ്നമാണെന്ന് തോന്നുന്നെങ്കിൽ അത് സ്ത്രീയുടെ പ്രശ്നമാണ് രണ്ടു ഭാഗം ആ സ്വന്തം പ്രശ്നമാണോ അതിന് സ്ത്രീ പുരുഷന് പ്രശ്നം ഉണ്ടാകുന്നതിന് സ്ത്രീ ഉത്തരവാദിയല്ല സ്ത്രീക്ക് പ്രശ്നം ഉണ്ടാകുന്നതിൽ പുരുഷന് ഉത്തരവാദി അത് അവരവരുടെ പ്രശ്നമാണെന്ന് എന്നാലേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും മറ്റൊരാളുടെ പ്രശ്നം എന്ന് പറയുന്ന ചില ഇതൊക്കെ കാലഘട്ടം എല്ലാ മതങ്ങളിലും ഇതൊക്കെ ഈ വിചാരമുണ്ട് എല്ലാ മതങ്ങളിലും ഇതൊക്കെ മതത്തിൽ മതങ്ങളുടെ ദുർമുഖങ്ങളാണ് കാരണം മതങ്ങൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നുണ്ട് ഇതൊക്കെ മനുഷ്യന്റെ തലമുറ തലമുറ തലമുറകളായി അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്യുക പിന്നെ അവനെ നന്നാക്കിയെടുക്കാൻ പറ്റിയ പ്രയാസവും പുരുഷന് സ്ത്രീ പ്രശ്നമാണെന്ന് കരുതി അതനുസരിച്ച് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കിടയിലുണ്ട് കോടിക്കളെങ്കിലും മനുഷ്യരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ പ്രാകൃതമായ ചിന്തകൾ മതചിന്തകൾ ബ്രെയിൻ വാഷ് അവനവന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു അവന്റെ പ്രശ്നത്തിൽ മറ്റുള്ളവർക്ക് തലേക്കൊണ്ട് അപ്പൊ ഇത്തരം എന്താണോ ഈ വരുന്ന എല്ലാ ചിന്തകൾക്കും ഇത് നല്ല ഇതൊന്നും പരസ്യമായിരിക്കലും പറയാൻ പറ്റില്ല ഈ എന്താണോ അവിടെ നമുക്ക് വേണ്ടി വരുന്ന ഒരു എന്താണ് ഒരു വിവേകം അതിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്താണ് പൊളിറ്റിക്കൽ കറക്ട്നസ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്താണ് എൻ്റെ മലയാളം എന്താണ് പൊളിറ്റിക്കൽ കറക്ട്നസ് എന്റെ മലയാളം സംസ്കൃതം പറഞ്ഞാൽ മതി എന്താണ് അതിന് മലയാളവും സംസ്കൃതവും ഒന്നുമില്ല കാരണം ഇത് സനാതനധർമ്മത്തിലുള്ള കാര്യമില്ല ഉണ്ടെങ്കിലേ നമ്മുടെ ഭാഷയിൽ വരും നമ്മുടെ ഭാഷയിൽ പാതി വൃത്തിയുണ്ട് ഭാര്യാവൃത്തി അങ്ങനെ ഒരു പദം സംസ്കൃതത്തിലല്ല മലയാളത്തിലല്ല ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് സനാതന സംബന്ധിച്ച് ഉള്ളതേ മലയാളത്തിൻ്റെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ കൃത്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കി രാഷ്ട്രീയ കൃത്യത എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കി ആ വാക്കിന്റെ അർത്ഥമല്ല അത് അതിന്റെ രാഷ്ട്രീയമായിട്ട് തന്നെ നല്ല കൃത്യനീയമായിട്ട് വരുമെടുത്തു അപ്പൊ നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ പാരമ്പര്യമായി വരുന്ന പലതിനെയും തിരുത്തുക പലതിനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ തിരുത്തലുകൾ തുടങ്ങി ഒരുപാട് കാലമായി പക്ഷെ നമ്മൾ ഇന്നും അതറിയണമെന്നു നിർബന്ധമൊന്നുമില്ല അതറിയണമെങ്കിൽ കുറച്ച് ആധുനികനായി നമ്മൾ ജീവിക്കണം എന്നാൽ അത് തിരിച്ചറിയാം അതിന് പൊളിറ്റിക്സ് ആയിട്ട് ും പറയാം പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം എന്നാ മനസ്സിലാക്കും ഒരു ഉദാഹരണം പറഞ്ഞു മനസ്സിലാവും മനസ്സിലായിരുന്നു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹം അങ്ങനെ ഒരു കറക്ട്നസ് എന്നെപ്പോലെയുള്ള പ്രായം ചെന്ന ആൾക്കാരെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങളൊക്കെ വഴി മാറി നിൽക്കി ഞങ്ങൾ പുതിയ വഴിയില്ല നടക്കുന്നതെന്ന് പറയുന്നു നമ്മുടെ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഒന്നും മതിൽ കട്ടിയാലും ലഭിക്കത്തില്ല അവർ അതിന് വേറെയൊക്കെ പറയാം വിധങ്ങൾ പഠിച്ചിട്ട് വരിക എന്താണ് ഞാൻ വിശദീകരിച്ച് പറയാം